അതിനു സാധിക്കാത്തവർ പരസ്പരം സ്പർശിക്കുന്നതിനു മുമ്പ് തുടർച്ചയായി രണ്ടു മാസം നോമ്പനുഷ്ഠിക്കേണ്ടതാണ് അതിനും സാധിക്കാത്തവർ അറുപത് പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകണം നിങ്ങൾ അല്ലാഹു സുബഹാനഹൂവ തോലുവിലും അവൻറെ ദൂതനായ മുഹമ്മദ് നബിസല്ലാഹു അലഹി വസ്ല്ലം ലും വിശ്വസിക്കുന്നതിനാണിത് ഇവയാണ് അല്ലാഹുവിന്റെ അതിർവരമ്പുകൾ സത്യനിഷേധികൾക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്